സ്ലാമലുംബർ അലഹമില്ല അലഹമില്ല വേദിയിലെ സമാധരണീയരായ ഉലമാക്കളി ഉമറാക്കളി പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഉള്ള സുഭാനവതാര നമ്മുടെ ഈ ഒത്തുചേരൽ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ സുദീർഘമായ രാമക പ്രഭാഷണത്തിന്റെ സമയമല്ല എന്ന് സ്വാഗത ഭാഷണത്തെ സൂചിപ്പിച്ചു രണ്ടര മണിക്കൂർ ദൈർഘ്യമുള്ള ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് അനാവരണം ചെയ്യാൻ പോകുന്നത് സംസ്ഥാന സൂന്യ വിദ്യാർത്ഥി ഫെഡറേഷൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ സമൂഹവുമായി ബന്ധപ്പെട്ട് അതാത് സന്ദർഭങ്ങളിൽ സമുദായത്തെ ഉണർത്തിയ കാര്യങ്ങൾ നൂറ് ശരിയാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന വെളിപ്പെടുത്തലുകളാണ് നമ്മുടെ മുമ്പിലേക്ക് നിങ്ങൾക്ക് കാണാൻ പോകുന്നത് സംസ്ഥാന സമീപ വിദ്യാർത്ഥ കഴിഞ്ഞ പത്തി ഇരുപത്തിയഞ്ച് വർഷക്കാലത്തെ പ്രവർത്തനത്തിനിടെ സുപ്രധാനമായ ചില കാര്യങ്ങളൊക്കെ സമൂഹത്തോട് പറഞ്ഞിരുന്നു നമുക്കറിയാം തീവ്രവാദവുമായി കടന്നു വന്നുകൊണ്ട് എൻ എന്ന പ്രസ്ഥാനം അതിൻ്റെ പേര് സ്വീകരിക്കപ്പെടുന്നതിന് മുമ്പേ വളരെ സ്വകാര്യമായിക്കൊണ്ട് നമ്മുടെ മഹല്ലത്തുകളിൽ പ്രവർത്തിച്ചപ്പോ കേരളീയ മുസ്ലിം മുൻപത്തിന്റെ ആധികാരിക പണ്ഡിത സഭയായ സംസ്ഥാന ജമ്മിയത്തുനുലമയുടെ വിദ്യാർത്ഥി വിഭാഗമായ എസ് വർഷങ്ങൾക്ക് മുമ്പ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു ഈ എൻ എന്ന് പറയുന്ന തീവ്രവാദ പ്രസ്ഥാനം പേര് സ്വീകരിക്കപ്പെടുന്നതിന് മുമ്പേ പറഞ്ഞു ഇതാ അപകടം വരാൻ പോകുന്നു സമുദായം ജാഗ്രത പാലിക്കണമെന്നും പക്ഷേ അന്ന് പലർക്കും അത് തിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പറഞ്ഞപ്പോൾ കൊഞ്ഞലും ആളുകൾ ഉണ്ടായിരുന്നു പരിഹസിച്ചവരുണ്ടായിരുന്നു ആക്ഷേപിച്ചവരുണ്ടായിരുന്നു സമുദായ ശത്രുക്കൾക്ക് വെടികൊടുത്തു എന്ന് കുറ്റം പറഞ്ഞവരുണ്ടായിരുന്നു പക്ഷേ പിൽക്കാലത്ത് നമ്മൾ അനുഭവിച്ചു നമ്മൾ അറിഞ്ഞു കേരളീയ മുസ്ലിം ഉമ്മത്ത് ഒന്നടങ്കം പറഞ്ഞു ആ തീവ്രവാദ സംഘടനക്കെതിരെ കോട്ടക്കലിൽ കഷായം ചേരേണ്ട സാഹചര്യം വരെ രൂപീകരിക്കപ്പെട്ടുവെങ്കിൽ കഷായം വെക്കേണ്ട സാഹചര്യം വരെ ഉണ്ടായി എങ്കിൽ സുന്നി വിദ്യാഥ ഫെഡറേഷൻ പറഞ്ഞ മറ്റൊരു കാര്യമാണ് ഇവിടെ തെളിയാൻ പോകുന്നത് അന്ന് വളരെ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥി സംഘടന കൃത്യമായി പറഞ്ഞു ഇത് നടക്കുന്നത് ഇത് ശുദ്ധമായ തട്ടിപ്പാണ് കേരളം ഏറ്റവും വലിയ ആത്മീയ തട്ടിപ്പ് ഈ തട്ടിപ്പിന്റെ പിന്നിൽ റിയൽ എസ്റ്റേറ്റ് ലോബിയുണ്ട് ഫ്ലാറ്റും വില്ലയും ഉണ്ടാക്കി കൂടികൾ സമ്പാദിക്കാനുള്ള റിയൽ എസ്റ്റേറ്റ് ലോബിയുടെ ശ്രമമാണ് ഇതിന്റെ പിന്നിൽ അതിലുള്ളാഹുലിന്റെ പ്രവാചകർ ഹബീബ എനിക്ക് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹുലി ശ്രമ തങ്ങളുടെ തിരുകേശത്തെ ഉപയോഗപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞപ്പോ തിരിയാ താലുകൾ അപ്പോഴും ഉണ്ടായിരുന്നു നമ്മൾ പരിപാടി വെച്ച സമയത്ത് അത് മുടക്കാൻ പോലുമുള്ള ശ്രമങ്ങളുണ്ടായി എന്നിട്ട് ആ പരിപാടി മുടക്കാതെ നമ്മൾ മുന്നോട്ടു പോയി കേരളീയ മുസ്ലിം മുൻപത്തിന് വിദ്യാർത്ഥി ഉപചർ ദിശാബോധം കാണിച്ചു കൊടുത്ത സംസ്ഥാന സ്വമി വിദ്യാർത്ഥി ഫ്രഡേഷന്റെ പ്രവർത്തകർ എല്ലാം മറന്നുകൊണ്ട് ധീരമായ പോരാട്ടത്തിൽ രണഭൂമി മുമ്പോട്ട് വന്നു ഇതാ ഇവിടെയും നമ്മൾ വിജയിച്ചിരിക്കുന്നു എസ് കെ എഫ് ഉൾപ്പെടാൻ പോവുകയാണ് ഏതാനും നിമിഷങ്ങൾക്കകം അതുകൊണ്ടല്ലെ പ്രിയപ്പെട്ടവരെ നമ്മൾ നിൽക്കുന്ന ഈ പ്രസ്ഥാനത്തിന്റെ മഹിമ അതാണ് സംസ്ഥാന പണ്ഡിത പ്രസ്ഥാനത്തിന്റെ മഹിമ കൊണ്ടാണ് നമ്മൾ എന്താണോ പറഞ്ഞത് ആ പറഞ്ഞ കാര്യങ്ങൾ നൂറ് ശതമാനവും നമുക്കറിയാം അധികാര സ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് നമുക്ക് പിൻബലമില്ല അധികാര പിൻബലം ഇന്ന് പോകുന്നത് നമ്മുടെ സ്ഥാപനങ്ങൾ കയ്യേറിക്കൊണ്ടിരിക്കുന്നു പോലീസിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് കയ്യേറിക്കൊണ്ടിരിക്കുന്നു ഭരണാധികാരികളുടെ സപ്പോർട്ട് നമുക്ക് ലഭ്യമല്ല എങ്കിൽ തന്നെയും ധീരമായി സഭം മൂന്നും വട്ടം നേരത്തെ ആദരണീയരായ സയ്യിദ് അവർ ഈ ചെയ്തുകൊണ്ട് പറഞ്ഞതുപോലെ വലിയ വിജയത്തിനും കേരളീയ മുസ്ലിം ബഹമ്മത്തിന് സംഭാവന ചെയ്യാൻ നമുക്ക് സാധ്യമായിട്ടുണ്ട് എന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഈ സദസ്സ് അതുകൊണ്ട് നമ്മുടെ ഭരണകൂടം ഇക്കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് വളരെ ഖ്യാതപൂർവ്വം പറയട്ടെ ഇത്തരമൊരു തട്ടിപ്പ് നടന്നപ്പോ ആ തട്ടിപ്പിന് വേണ്ട എല്ലാ ഒത്താശവും ചെയ്തു കൊടുത്തു നമ്മുടെ ഭരണകൂടം എന്നത് പറയാതിരിക്കാൻ നിർവാഹമില്ല കൈകപ്പൊയിലെ ആ നോളജ് സിറ്റി എന്ന് പറയുന്ന റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പിന് വേണ്ടി അവിടെ പോയി അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വെച്ചുകൊണ്ട് ആദരണീയനായ സംസ്ഥാന ജമ്മിയ തൊള്ളർമ്മയുടെ സെക്രട്ടറി ഉസ്താദ് കൂട്ടുമല ബാബു മുസ്ലിയായുടെ നേതൃത്വത്തിലുള്ള സംസ്ഥയുടെ പ്രതിനിധി സംഘം മുഖ്യമന്ത്രിയെ കണ്ടപ്പോ ആദരണീയനായ ബഹുമാന്യനായ കുഞ്ഞാലിക്കുടി സാഹിബിന്റെയും ബഹുമാന്യനായ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും പ്രമുഖനായ എം എൽ എ അബ്ദുറഹ്മാൻ രണ്ടത്താണെയും സാക്ഷി നിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ ചേംബറിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു സി ആ അതൊരു തട്ടിപ്പാണ് കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ് ആ തട്ടിപ്പിന് നിങ്ങൾ കൂട്ടുനിൽക്കരുത് എന്ന് മുൻകൂട്ടി വേദി ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ തിരുവനന്തപുരത്തെ സി എമ്മിന്റെ ചേംബറിൽ വെച്ചുകൊണ്ട് സമസ്തയുടെ പ്രതിനിധികൾ പറഞ്ഞുവെങ്കിൽ അത് ഭരണകൂടത്തിന്റെ ആളുകൾ മന്ത്രിമാർ കൈതപ്പുഴയിലേക്ക് പോയിട്ടുള്ളത് ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വം അവർക്കുണ്ട് ഈ തട്ടിപ്പിന് കൂട്ടുനിന്ന ആളുകൾ ധാർമ്മികമായ നിലപാടെന്ത് എന്നവർ വ്യക്തമാക്കേണ്ട ബാധ്യത അവരെ സംബന്ധിച്ചിടത്തോളമുണ്ട് ഇത് സരിതയെക്കാൾ വലിയ തട്ടിപ്പാണ് കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ് ആടുത്തേക്ക് വൻഷയത്തെക്കാൾ വലിയ തട്ടിപ്പാണ് ഇവിടെ നടന്നിട്ടുള്ളത് അതുകൊണ്ട് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട് മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട് അവിടെ പോയി അതും ചെയ്യാൻ വേണ്ട ഒത്താശയം കൊടുത്ത മന്ത്രിമാരും എം ഈ കാര്യത്തിലുള്ള നിലപാട് ഇവിടെ വ്യക്തമാക്കേണ്ടതുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ തീർജിപ്പിക്കുന്നില്ല പരിമിതമായ സമയത്തിനകം നമ്മുടെ വിഷയങ്ങളൊക്കെ തീരേണ്ടതുണ്ട് രണ്ടര മണിക്കൂറിലധികം ദൈർഘ്യമുള്ള വെളിപ്പെടുത്തലുകൾ നമ്മൾ ഞെട്ടിപ്പോകുന്ന വെളിപ്പെടുത്തലുകൾ ഇതിന്റെ പിന്നിൽ നടന്ന അന്തർനാടകങ്ങൾ കൃത്യമായി നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോവുകയാണ് അതും അവരുടെ കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നമ്മുടെ അന്വേഷണ റിപ്പോർട്ടല്ല നമ്മൾ പറഞ്ഞതല്ല അവരുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ സൂക്ഷ്മമായി പഠനം നടത്തി ഏകദേശം ഒരു വർഷത്തിലധികം ഇതിന്റെ പിന്നിൽ നടന്നു കൃത്യമായി എന്താണ് സംഭവിച്ചത് എന്താണ് ഇതിന്റെ പിന്നിൽ രഹസ്യം എങ്ങനെയാണ് സനതുണ്ടാക്കിയത് എങ്ങനെയാണ് മുടി സംഘടിപ്പിച്ചത് നമ്മുടെ മുമ്പിലേക്ക് നൽകാൻ പോവുകയാണ് ഇനി ഇത് കഴിഞ്ഞതിനു ഒരു കാര്യം സൂചിപ്പിക്കുന്നു ഈ വേദി വിടുന്നതിന് മുമ്പേ നമ്മളൊരു തീരുമാനമെടുക്കണം അല്ലെങ്കിൽ ഇത് കണ്ടു നിങ്ങളൊരു തീരുമാനമെടുക്കണം എന്താണ് നമ്മളിന് ചെയ്യേണ്ടത് എന്ന് ഈ തട്ടിപ്പുകാർക്കെതിരെ ഏത് സമീപനമാണ് നമ്മളിന് സ്വീകരിക്കേണ്ടത് എന്ന് ഈ സ്പീഡി കണ്ടതിന് നിങ്ങൾ തീരുമാനിക്കണം നമ്മൾ തീരുമാനിക്കണം അതനുസരിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം കാന്തപുരവും അദ്ദേഹത്തിന്റെ അനുയായികളും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം പിരിച്ചുവിട്ടിട്ട് സമുദായത്തോട് മൊത്തമായി മാപ്പി ചോദിക്കാനുള്ള ബാധ്യത അവരെ ആ തലത്തിലേക്ക് കാര്യങ്ങളെത്തും അള്ളാഹ്വലത്തിലേക്ക് മാറാവട്ടെ ഇനി നമ്മളോട് സംസാരിക്കുന്നതിന് ആദരണീയനായ അബ്ദുൾ ഹമീദ് ബൈസി അമ്പലക്കടവിനെ സാധനം ക്ഷണിക്കുന്നു അസ്ലാം വൈക്കും വറഹമത്തുള്ള